നിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരുണ്ട് എന്നാൽ അവർ നിങ്ങളുടെ അടുക്കൽ നിന്ന് പുറത്തു പോകുമ്പോൾ അറിവു നൽകപ്പെട്ടവരോടു ചോദിക്കും അദ്ദേഹം ഇപ്പോൾ എന്താണ് പറഞ്ഞത് അല്ലാഹു സുബഹാനഹുവ ത്യാല അവരുടെ ഹൃദയങ്ങളിൽ മുദ്രവെച്ചവരാണവർ അവർ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു